നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല കേട്ടാൽ പോലും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല പുനരുത്ഥാന നാളിൽ നിങ്ങളുടെ പങ്കു അവർ നിഷേധിക്കുകയും ചെയ്യും എല്ലാം അറിയുന്നവനെപ്പോലെ മറ്റാരു നിനക്ക് വിവരം നൽകുകയില്ല